ർ ഇസ്രയേലിനോട് യുദ്ധം ചെയ്തു ഇസ്രയേലോ ഫലിസ്തീറിന്റെ മുമ്പിൽ നിന്ന് ഓടി ഗിൽബോവ പർവ്വതത്തിൽ നിഹതന്മാരായി വീണു ഫിലിസ്തീർ ഷൌലിനെയും മക്കളെയും പിന്തേർന്ന് ചെന്നു ഫെലിസ്തീർ ഷൌലിന്റെ മക്കളായ യോനഥാനേയും അബിനാദാബിനെയും മൽകിഷുവയെയും വെട്ടിക്കൊന്നു പട ശൌലിന്റെ നേരെ ഏറ്റവും മുറുകി ൾ അവനെ കണ്ടു വില്ലാളികളാൽ അവൻ വിശ്രമത്തിലായി അപ്പോൾ ശൌൽ തന്റെ ആയുധവാഹകനോട് ഈ അഗ്രചർമ്മികൾ വന്ന് എന്നെ അവമാനിക്കാതിരിക്കേണ്ടതിന് നിന്റെ വാൾ ഊരി എന്നെ കുത്തുക എന്നു പറഞ്ഞു അവന്റെ ആയുധവാഹകൻ ഏറ്റവും ഭയപ്പെട്ടതുകൊണ്ട് അവന് മനസ്സുവന്നില്ല അതുകൊണ്ട് ശൌൽ ഒരു വാൾ പിടിച്ച് അതിന്മേൽ വീണു ശൌൽ മരിച്ചു എന്ന് അവന്റെ ആയുധവാഹകൻ കണ്ടപ്പോൾ ാനും അങ്ങനെ തന്നെ തന്റെ വാളിന്മേൽ വീണു മരിച്ചു ഇങ്ങനെ ശൗലും മൂന്നു മക്കളും അവന്റെ ഭവനമൊക്കെയും ഒരുമിച്ച് മരിച്ചു അവർ ഓടിപ്പോയി മക്കളും മരിച്ചു എന്ന് താഴ്വരയിലുള്ള ഇസ്രയേലരൊക്കെയും കണ്ടിട്ട് അവർ തങ്ങളുടെ പട്ടണങ്ങളെ വിട്ട് ഓടിപ്പോയി ഫിലിസ്തീർ വന്ന് അവയിൽ പാർത്തു പിറ്റന്നാൾ ഫിലിസ്തീർ നിഹിതന്മാരുടെ വസ്ത്രം ഉരുവാൻ വന്നപ്പോൾ ശൌലും പുത്രന്മാരും ഗിൽബോവ പർവ്വതത്തിൽ വീണുകിടക്കുന്നത് കണ്ടു അവർ അവന്റെ വസ്ത്രാദികൾ ഉരിഞ്ഞ് അവന്റെ തലയും ആയുധവർഗവും എടുത്ത് തങ്ങളുടെ വിഗ്രഹ ജനത്തിന്റെ ഇടയിലും വർത്തമാനമറിയിക്കേണ്ടതിന് ഫിലിസ്തീ ദേശത്തെല്ലായിടവും ആളയച്ചു അവന്റെ ആയുധവർഗം അവർ തങ്ങളുടെ ദേവന്റെ ക്ഷേത്രത്തിൽ വെച്ചു അവന്റെ തലയെ ദാഗോന്റെ ക്ഷേത്രത്തിലും തറച്ചു ഫിലിസ്തീർ സൗലിനോട് ചെയ്തതൊക്കെയും ദിലെ യാബേഷ് മുഴുവനും കേട്ടപ്പോൾ ശൂരന്മാരെല്ലാവരും പുറപ്പെട്ട് ശൌലിന്റെ ശവവും അവന്റെ പുത്രന്മാരുടെ ശവങ്ങളും എടുത്ത് യാബേഷിലേക്ക് കൊണ്ടുവന്നു അവരുടെ അസ്ഥികളെ യാബേഷിലെ കരുവേലകത്തിൻ കീഴിൽ കുഴിച്ചിട്ടു ഏഴു ദിവസം ഉപവസിച്ചു ഇങ്ങനെ ശൌൽ യഹോവയുടെ ചെയ്ത അതിക്രമം ഹേതുവായും യഹോവയുടെ വചനം പ്രമാണിക്കായി വെളിച്ചപ്പാടുത്തിയോട് അരുളപ്പാട് ചോദിച്ചതിനാലും മരിക്കേണ്ടി വന്നു അവൻ യഹോവയോട് അരുളപ്പാട് ചോദിക്കായികയാൽ അവൻ അവനെ കൊന്ന രാജത്വം ഇഷായിയുടെ മകനായ ദാവീദിന് കൊടുത്തു